അളവറ്റ അരുളാളനും നികച്ച അൻപുടയുമാകിയ അല്ലാഹുവൻ തരപ്പയരൽ തേസീൻ ഞാനം നിലമ്പിയ ഇപ്പുറാൻ മീതു സത്യമാൂതകളിൽ ഉള്ളവർ ആവീ നേര പാത മീൽ ഇരുക്കീ ഇത് യരെയും മികത്തോർ തിരുപൈ ഉടയവനാൽ ഇറക്കി അരുളപ്പെട്ടതാകും എന്തൂഹത്തിനൂതാദയച്ചാൽ ഇവർ നേർവഴി പറ്റി അലക്ഷ്യമാക്കി ഇത്തവണ എച്ചിപ്പവരീഷ്ടോർ മീത് ഇവർക്ക് വരവിരു വേദന പറ്റിയ വാക്ക് നിശ്ചയമാക്കിവിട്ടത് ആകേ ഇവർ ഈമാൻ കൊല്ലമാറ്റയ അവരുടെ കഴുത്ത് മോവായ് കട്ടെ വരെയ അറികണ്ടെങ്കിൽ പോട്ടിരിക്കാതെ തല നിമിർന്ന് വിട്ടു ഇന്നും നാം അവ ഇന്നും അവർ നീർ അച്ചമൂട്ടി എച്ചരിക്കും അല്ലത് അവ അച്ചമൂട്ടി എച്ചരിക്കും അവർക്ക് സമമേതാ അവർ ഈമാൻ കൊല്ലമാറ്റർ അച്ചമൂട്ടി എച്ചരിക്കാം ഉപദേശത്തെ പിൻപറ്റി യർ മറവും അറഹ്മാനുക്ക് അഞ്ചു നടക്കുക അവർ അത്ത മന്നിപ്പും മകത്താ നക്കൂലിയും ഉണ്ടെന്ന് നന്മാരായം കൂടുവീറ നിശ്ചയമാരണം അടുന്നവർ കള നാമേ ഉയർത്തിക്കോ അങ്ങിയും നന്മ തീമുകളിൽ അവർ മുർപ്പെടുത്തിയ അവർ വിട്ടവറ്റും നാം എഴുതുക എല്ലാവറ്റെയും നാം ഒരു വിളക്കമായ പരിത്തേ വയ്ക്കുള്ളോ നബിയേ നം തൂതവാസികളും വന്നപോലെ നികുതയ്ക്ക് അവർക്ക് ഉദാഹരണമാക്കുക നാം അവം തൂതായി അനപ്പിയ പോവരെയും അവർ കൊയ്യാക്കിന അവ മൂന്നാതെ കൊണ്ട് വലുപത്തിനോ ആകെ നിശ്ചയമാങ്ങളുടെ അനുഭവപ്പെട്ട തൂതോം അവർ കൂറിന മക്കൾ എങ്ങനെ പോയ മനുതേ അൻ അല്ല അർഹ്മു എനെയും ഇറക്കി വയ്ക്കില്ല പൊയ്യേ കൂറുകേ അൻ റി നിശ്ചയമാങ്ങളുടെ അനുപ്ളുണ്ടറിവാണ് തൂതു ചെയ്യാൻ എടുത്തു തവണ വേറില്ല അതൊക്കെ അമ്മക്കൾ കൂടിയ ദുർജകുന കരുതുകൾ ഇതിലിരുന്ന് വിലകൊള്ളാവിട്ടാൽ ഉണ്ടെത്തി കല്ലാൽ അടിപ്പോ മേലും എമ്മിടം ഇരുന്ന് ഉണ്ടെ നോവിനും വേദനയും പിടിച്ച് കൊള്ളും തൂതം ഉള്ളോതയെ കരുതുക അപ്പം വരമ്പു മീറിയ സമൂഹത്തരായവേ അപ്പോഴത് ഒരു മനുഷർ അപ്പട്ടണത്തിൻ്റെ കടകോടിയ വരെയും വറേ ഇത്തൂതെ പറ്റുകൾ ഉള്ള കൂലിയും കേരള ഇവർ പിൻപറ്റുകൾ ഇന്നും ഇവകളെ നേർവഴി പെട്ടവർ എന്നും അവർ കൂടിയ അഞ്ചിയും പഠിത്തവനെ നാം മണങ്ങൾക്ക് എന്ന കാരണം എടുക്കാൻ അവനിടമേ മേൽവിക്കുക അവനെ അഞ്ചി വേറെ നായനെ നാ എടുത്തക്കൊള്ളേനാ അർഹ്മൻക്ക് ഏതേനം കെടുവിയൊണ്ട് നാടിഞ്ഞാൽ ഇവറ്റിൽ സിപാർശു ഒരു പയനും അത് ഇവ എന്നെ വിടുവിക്കാൻ അവൻ വണങ്ങാവിട്ട അപ്പോൾ നാ നിപ്പടയേട്ടിൽ ഉന്ന മീതേ നിശ്ചയമാക്കേണ്ട ആകെ ചെവി സായുണ്ട് ആണോ ചെവി സായ്ക്കാതെ അവരെ കൊണ്ട് വിട്ടത്തിൽ പ്രവേശിപ്പീരം കൂടിയ സമൂഹത്താർ അറിഞ്ഞുകൊള്ള വരുമേ എന്നു എനക്ക് മന്നിപ്പളിച്ച് ഗണ്യമാണിൽ നിന്നും അവൻ എന്നെ ആക്കിവിട്ടാൻ എന്നതെ തവണ നാം അവരുടെ സമൂഹത്താർ മീത് വാനത്തിലിരുന്ന് എന്ത് സേനയെയും അവർ അഴിപ്പതല്ലേ അപ്പടി ഇറക്കി വൈപ്പവരവും നാം ഇല്ല ഒരേ ഒരു പേരൊലി അവളവുതാൻ അവർ സാമ്പലായി അന്തോ അടിയ കൈസേതമേ അവർ എന്ത് വന്നാലും അവരെ അവർ പരീാസം ചെയ്യാതിരുന്നതല്ലേ അവർക്ക് മുൻ എത്തോ തലമുറകളെ നാം അഴിത്തരോ നിശ്ചയ അവം തരവേ മാറ്റ അവലും അവർ യാവും ഒന്ന് സിട്ട് വിസാരണക്ക് നമ്മിടമേ കൊണ്ടുവരപ്പെടുവർ അഞ്ചെയും ഇറന്ന് കരിസാ കിടക്കും ഭൂമി അവർക്ക് ഓർ അത്താക്ഷിയാകും പിന്നെ മഴയൽ നമേ ഉയർപ്പിച്ച് അതിലിരുന്ന് ധാനത്തെ വെളിപ്പെടുത്തോ അതിലിന് ഇവർ ഉണകും അതിൽ നാം പേരീട്ട മരങ്ങളിനും ദ്രാക്ഷ കൊടികളിനും തോട്ടങ്ങളെ ഉണ്ടാക്കുക ഇന്നും അതിൽ നീരൂറ്റീറിട്ട് ഓട്രോ അത പലവകളെ അവർ ഉൺ ആ കൈകൾ ഇതെ ഉണ്ടാക്ക അവ നന്തി മാറ്റുകള ഭൂമി മുളപ്പിക്കുന്ന പുറത്തുണ്ട് എല്ലാവരെയും മനുഷ്യ ഇവകളെയും ഇവർ അറിയാതെയും ജോഡി ജോഡിയാ പഠിത്താനേ അവൻ മികവും തൂ്മയാനവൻ ഇനവും ഇവർക്കോർ അത്താക്ഷിയാകും അതിലിരുന്ന് പകലെ കളറ്റി വിടുക ഇവർ ആൾക്കാർ ആകിവിടും അവർക്ക് അത്താക്ഷി സൂര്യൻ തൻ വരയറെ അത് ചെന്ന് കൊണ്ടുക്കും മികത്തോണും യാവും നന്ദിന്തോണുമാക്കിയ ഇവൻ വിധിത്തും ഇന്നും ഉളർന്ന് വളർന്ന പഴയ പേരീട്ട മട്ടയെ പോലാകും വരെയും സഞ്ചരനുക്ക് നാം പല മഞ്ചിലെ തങ്കുമിടങ്ങളെ ഏർപ്പെടുത്തിയോ സൂര്യൻ സന്ദ്രനെ നെരുങ്ങി പിടിക്ക മുടിയ പകലെ മുണ്ട മുടിയ ഇവറേ എല്ലാം തം വട്ടവരെ നീണ്ടി ചെലകൃതി ഇന്നും അവർ അക്കാക്ഷി നാം നിശ്ചയമാന്തതിരപ്പിൽ ഏറ്റി ചെൽ ഇന്നും അവർ ഏറിച്ച് അതേപോലെ പൽവേ കലങ്ക നാം അവ പഠിത്തം അഞ്ചെയും നാം നാടിനാൽ അവഴടി വിടുവോ അപ്പോൾ അവരെ കാപ്പാർ എ മേലും അവർ വിടവുമാറ്റി നമ്മുടെ കരുണയൽ സിദ്ധകാലം അവർ സുഹിപ്പ് വയ്ക്കപ്പെട്ട അഞ്ചി ഇന്നും കരുവശ്യപ്പെടുംപൊരു ഉണ്ടാക്കി മുൻപെയും ഉണ്ടുപതയും അഞ്ചി നടന്നുകൊള്ള അവർ ചിന്തി പാർക്കാമെന്ന് തുമ്പി അവരുടെ റപ്പിൻ അത്താക്ഷികളിൽ എന്തോ അത്താക്ഷി അവർ അവർ പുറക്കണിക്കാമെ അല്ലാഹ് ഉപ്പവിലിരുന്ന് അവൻ പാതയിൽ ചെയ്യുണ്ടായി അവർ അല്ലാഹ് നാടിൽ എവരുടെ അവൻ ഉണവളിത്തോ അവ നാം ഉണമളിപ്പോ ബഹിരങ്ക വഴികട്ടിലേക്കീട്ട് നിരാകരിപ്പവർ ഈമാൻ കൊണ്ടവർ പാർട്ട് കൂടുക അവർ കൂടുതൽ ഉമയ മർമ്മ പറ്റി അതി എപ്പോഴും വന്ന് ചേരും അവർ ഒരേ ഒരു പേരൊലിക്കാ കാഴക്കടി നിലയിലേയേ അത് അവർ പിടിച്ച് കൊള്ളും അപ്പോൾ അവർ മരണ സാസനം ശക്തിപ്പെടാൻ തം കുടുംബത്തീളവും മാറ്റാ സൂർ ഊതപ്പെട്ടതും ഉടനെ അവർ സമാധികളിലിരുന്ന് വെളിപ്പെട്ട് തങ്ങൾ വിളവു എങ്ങനെയ ദുഃഖമേ എങ്ങൾ തൂങ്ങും ഇടങ്ങളിലിരുന്ന് എങ്ങനെ എഴുപ്പിയവർ യാർപ്പ് ഒരു കുറൽ കൂറും അറഹാൻ വാക്കിത്തതും അവരുടെ തൂതും ഇത് താൻ അവർ കൂടപ്പെടും ഒരേ ഒരു തവര വേറൊന്നും ഇരുക്കാതെ ഉടൻ അവർ യാവും നമ്മുൻ കൊണ്ടുവരപ്പെടുവീ അനാളിൽ എന്തോ ആത്മാവുക്കും എല്ലാം അനുയായം ചെയ്യപ്പെടാൻ എം കൂറി കൊടുക്കപ്പെടുക അന് നാളിൽ നിശ്ചയമാർഗവാസികൾ തങ്ങൾ അലുവലിൽ മഹിഴ്ചിയുടൻ അവർ മനവിയും നിഴലുകളിൽ കട്ടിലുകള അവ പലവകൾ ഉണ്ട് ഇന്നും അവർക്ക് അവർ വേണ്ടുവലാമുൺ നികരറ്റ അൻപടയോണിടം ഇരുന്ന് കൊല്ലതൽ ഉണ്ട് അന്റിയും കുറ്റവാളികളെ ഇന്ന് നല്ലോരൽ പ്രിന്തു നൽകുക കുറ്റവാളികളും കൂടപ്പെടും ആദമുടയ മക്കളേ ഷൈതാനെ വണങ്ങാതീൽ അവൻ ഉഹിരംഗമായ പകൈവൻ എന്ന് നാം ഉങ്ങളുടെ ഉറവിമൊഴി വാങ്ങാ എന്നെ വണങ്ങൾ വഴി അവയ ഉ മികുതമായ മക്കളെ വഴികെടുത്ത് വിട്ടാൽ ഇതായി അറിഞ്ഞുകൊള്ളാ ഇത് ഉണ്ടുവാട്ട ജഹന്നം നരകം ആകും നിരാകരി കൊണ്ടിരുന്നതാൽ ഇന്ന് ഇതൊരു നുഴയുങ്ങൾ കുറ്റവാളികളും കൂടും അന്നിൽ നാം അവളിൽ മീഡിയ മുത്തിരയിട്ട് വിടുവോ അറിയും അവർ സമ്പാദിത്ത് കൊണ്ടുപോകുന്നത് പറ്റി അവരുടെ കൈകൾ നമ്മുടെ അവർ കാലുകളും സാക്ഷി കൊല്ലും നാം നാടിയാൽ നാം അവ കണകളെ പോക്കിയിരുപ്പോ അപ്പോൾ അവർ തപ്പും വഴിതേടി ഓടിനാൽ അവർ എതെ പാർപ്പിൾ അന്റിയും അവ ഇടത്തിലേ അവരുമാറ്റിപ്പോ അപ്പോൾ അവർ മുൻസെല്ലവും ശക്തിപ്പെടുക ഇന്നും അവർ മീളവും മാറ്റാ എവരെ നാം വയോധികമാക്കുക അവരുടെ നിലമയ പഠപ്പിൽ ബലഹീനമാണു മാറ്റിവിടുകോ അവൾ ഇതായി അറിഞ്ഞകൊള്ള വേണ്ടാ നമ്മുടെ തൂതരക്കിയ അവ നാം കവിത ഇറ്റ കൊടുക്കില്ല അത് അവരുടെ അല്ല ഇത് നല്ല ഉപദേശമും അച്ചമൂട്ടി എച്ചു നിരാകരിപ്പവനുണ്ട് ഉം ഉള്ളത് നിശ്ചയമാ നാം അവ നമ്മുടെ കൈകൾ ചെയ്തവറ്റിലൊന്ന് കാലനട പഠിത്തോ എന്ന് പാർക്കില്ല അവൻ മീത് അവർ ഉറാട്ടുകൾ അവഴ്പടിയുമാറേളോ ആ മീതു സവാരി അവസിക്ക അവ പയനും ബാണങ്ങളും ഇവറ്റെല്ലാം അവർ നന്ദിസെത്താൻ അല്ലാ അല്ലാതവട്ടും താങ്കൾ ഉദവി ചെയ്യപ്പെടും അവർ ദൈവങ്ങളായി എടുത്തൊണ്ടു ആണോ അവരല്ലേ ആയിനും അവട്ടെയേ ഇവർക്ക് എതിരാണ് പടയ കൊണ്ടുവരപ്പെടും നബിയേ അവസനപ്പെടുത്ത മണപ്പതും അവർ ബഹിരംഗപ്പെടുത്തുവയ നനു അറിവോ മനീതായി ഒരു തുളി ഇന്ദ്രിയത്തിലേ നിശ്ചയമാ പഠത്തോ എന്നതെ അവൻ പാർക്കില്ല അവാർന്നും അവൻ നമുക്ക് വെളിപ്പെടാന തർക്കവാരി ആക്കി വിടാൻ അവൻ തൻ പഠപ്പിൻ മറന്ന് വിട്ട് അവൻ നമക്കാർ ഓർ ഉദാരണത്തെയും കൂടുതലാണ് എലുംബുകൾ അവൻ മറ്റിപ്പോയിവിട്ടപിൻ അവർപ്പിപ്പത് യാർ എൻ മുതൽ അവണ്ട് വണ്ണിയവനെ പിന്നും അവയർ കൊടുപ്പ് പഠപ്പുകളെയും നന്ദി എന്റെ നബിയേർ കൂടുവീര പസുമയാണ് മരത്തിലിരുന്ന് ഉണ്ടാക നെരുപ്പ ഉണ്ടാക്കും അവനേ അതിലിരുതേ തീ മൂട്ടുകൾ വാനങ്ങളെയും ഭൂമിയെയും പഠിത്തവൻ അവളെ പോണ്ടവർകളെ പഠിക്ക ശക്തിയറ്റവനാ ആം ശക്തിവനേ മെയ്യാകേ അവനെ പല വകെയും പഠപ്പവൻ യാവറ്റും നന്ദിന്നവൻ എപ്പൊരുളേനും അവൻ പഠിക്ക നാടിനാൽ അവൻ കട്ടറെ ഇടുവല്ലാം ിവിടുകൂർവത് ഉടനെ അത് ആകിവിട ആകെ എല്ലാ പൊരുക്കളിൽ ആക്ഷിയും എവൻ കയ്യിലെടുക്കോ അവനേ മിക തൂ്മയാണ്വൻ അവനടമേ മീൾവിക്കപ്പെടുവീഴ്